ധ്യായം പതിനേഴ് യഹൂദ രാജാവായ ആഹാസിന്റെ പന്ത്രണ്ടാം ആണ്ടിൽ ഏലയുടെ മകനായ ഓഷെയ ഇസ്രയേലിന് രാജാവായി ഷമരിയിൽ ഒമ്പത് സംവത്സരം വാണു അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു തനിക്ക് മുമ്പുള്ള ഇസ്രയേൽ രാജാക്കന്മാരെ പോലെ അല്ല അവന്റെ നേരെ അശൂർ രാജാവായ േസർ പുറപ്പെട്ടുവന്നു പോശേയ അവന് ആശ്രിതനായി തീർന്ന് കപ്പം കൊടുത്തുവന്നു എന്നാൽ പോശേയ മിസ്രൈൻ രാജാവായ സോവിന്റെ അടുക്കൽ ദൂതന്മാരെ അയക്കുകയും അശൂർ രാജാവിന് ആണ്ടുതോറുമുള്ള കപ്പം കൊടുത്തയക്കാതിരിക്കുകയും ചെയ്തതു നിമിത്തം അശൂർ രാജാവ് അവനിൽ ദ്രോഹം കണ്ടിട്ട് അവനെ പിടിച്ച് ബന്ധിച്ച് കാരാഗ്രഹത്തിൽ ആക്കി അശൂർ രാജാവ് രാജ്യത്തെല്ലായിടവും കൂടി കടന്ന് ശമരിയിലേക്ക് വന്ന് അതിനെ മൂന്ന് സംവത്സരം നിരോധിച്ചു ഹോഷയുടെ ഒൻപതാം ആണ്ടിൽ അശൂർ രാജാവ് ശമരിയെ പിടിച്ച് ഇസ്രയേലിനെ ബദ്ധരാക്കി അശൂരിലേക്ക് കൊണ്ടുപോയി ഹലഹിലും ഗോസാൻ നദീതീരത്തിലെ ഹാബൂരിലും മേദ്യരുടെ പട്ടണങ്ങളിലും പാർപ്പിച്ചു യേൽ മക്കൾ തങ്ങളെ മിസ്രൈൻ രാജാവായ പറവന്റെ കൈക്കീഴിൽ നിന്ന് വിടിവിച്ച് മിസ്രൈൻ ദേശത്തുനിന്ന് പുറപ്പെടുവിച്ചുകൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്ത് അന്യ ദൈവങ്ങളെ ഭജിക്കുകയും യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരുന്ന ജാതികളുടെ ചട്ടങ്ങളെയും അവയെ നടപ്പാക്കിയ ഇസ്രായേൽ രാജാക്കന്മാരുടെ ചട്ടങ്ങളെയും നുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ഇസ്രയേൽ മക്കൾ തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി കൊള്ളരുതാത്ത കാര്യങ്ങളെ രഹസ്യമായി ചെയ്ത് കാവൽക്കാരുടെ ഗോപുരം മുതൽ ഉറപ്പുള്ള പട്ടണം വരെ തങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും പൂജാഗിരികൾ പണിതു അവർ ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ചവൃക്ഷത്തിന് കീഴിലൊക്കെയും വിഗ്രഹ സ്തംഭങ്ങളും അശേരാ പ്രതിഷ്ഠകളും സ്ഥാപിച്ചു യഹോവ തങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരുന്ന ജാതികളെപ്പോലെ അവർ സകല പൂജാഗിരികളിലും ധൂപം കാട്ടി യഹോവയെ കോപിപ്പിപ്പാൻ തക്കവണ്ണം ദോഷമായുള്ള കാര്യങ്ങളെ പ്രവർത്തിച്ചു ഈ കാര്യം ചെയ്യരുതെന്ന് യഹോവ അവരോട് വിലക്കിയിരുന്ന വിഗ്രഹങ്ങളെ അവർ ചെന്ന് സേവിച്ചു എന്നാൽ യഹോവ സകല പ്രവാചകന്മാരും ദർശകന്മാരും മുഖാന്തരം ഇസ്രയേലിനോടും യഹൂദയോടും നിങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചതും എന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നിങ്ങൾക്ക് അയച്ചു തന്നതുമായ ന്യായ പ്രമാണത്തിനൊത്തവണ്ണമൊക്കെയും എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചു നടപ്പീനെന്ന് സാക്ഷീകരിച്ചു എങ്കിലും അവർ കേൾക്കാതെ തങ്ങളുടെ ദൈവമായ ഹോവയിൽ വിശ്വസിക്കാതിരുന്ന പിതാക്കന്മാരെ പോലെ ദുശാഠ്യം കാണിച്ച് അവന്റെ ചട്ടങ്ങളെയും അവരുടെ പിതാക്കന്മാരോടവൻ ചെയ്ത നിയമത്തെയും അവനവരോട് സാക്ഷീകരിച്ച സാക്ഷ്യങ്ങളെയും നിരസിച്ചു കളഞ്ഞു അവർ വ്യാജത്തെ പിന്തുടർന്ന് വ്യർത്ഥന്മാരായി തീർന്നു അവരെപ്പോലെ ആചരിക്കരുതെന്ന് യഹോവ കൽപ്പിച്ചിരുന്ന ചുറ്റുമുള്ള ജാതികളെ തന്നെ അവർ പിന്തുടർന്നു അവർ തങ്ങളുടെ ദൈവമായ ഹോവയുടെ കൽപ്പനകളെയൊക്കെയും ഉപേക്ഷിച്ച് കളഞ്ഞു തങ്ങൾക്ക് രണ്ട് കാളക്കുട്ടികളുടെ വിഗ്രഹങ്ങൾ വാർപ്പിച്ച് അശേരാപ്രതിഷ്ഠയും ഉണ്ടാക്കി ആകാശത്തിലെ സർവ്വസൈന്യത്തെയും നമസ്കരിച്ച് ബാലിനെയും സേവിച്ചുപോന്നു അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിപ്രവേശം ചെയ്യിച്ച് പ്രശ്നവും ആഭിചാരവും പ്രയോഗിച്ച് യഹോവയെ കോപിപ്പിക്കേണ്ടതിന് അവൻ അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തങ്ങളെ തന്നെ വിറ്റുകളഞ്ഞു അതുനിമിത്തം യഹോവ ഇസ്രയേലിനോട് ഏറ്റവും കോപിച്ചു അവരെ തന്റെ സന്നദ്ധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു യഹൂദ ഗോത്രം മാത്രമല്ലാതെ ആരും ശേഷിച്ചില്ല യഹൂദയും തങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ പ്രമാണിക്കാതെ ഇസ്രയേൽ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നു ആകയാൽ യഹോവ ഇസ്രയേൽ സന്തതിയെ മുഴുവനും തള്ളി അവരെ താഴ്ത്തി കൊള്ളയിടുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു ഒടുവിലവരെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു അവൻ ഇസ്രയേലിനെ ദാവീദ് ഗ്രഹത്തിങ്കിൽ നിന്ന് പറിച്ചുകളു അവർ നെബാത്തിന്റെ മകനായ യോരോബയാമിനെ രാജാവാക്കി യോരോബയാം ഇസ്രയേലിനെ യഹോവയെ വിട്ടുമാറുമാറാക്കി അവരെ കൊണ്ട് വലിയൊരു പാപം ചെയ്യിച്ചു അങ്ങനെ ഇസ്രയേൽ മക്കൾ യോരോബയാം സകല പാപങ്ങളിലും നടന്നു അവർ അവയെ വിട്ടുമാറായിയാൽ യഹോവ പ്രവാചകന്മാരായ തന്റെ സകല ദാസന്മാരും മുഖാന്തരം അരുളുചെയ്ത പ്രകാരം ഒടുവിൽ ഇസ്രയേലിനെ തന്റെ സന്നദ്ധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു ഇങ്ങനെ ഇസ്രയേൽ സ്വദേശം വിട്ട് അശൂരിലേക്ക് പോകേണ്ടി വന്നു ഇന്നുവരെ അവിടെ ഇരിക്കുന്നു അശൂർ രാജാവ് ബാബേൽ കൂത ഔമാത്ത് സെഫോറി എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ഇസ്രയേൽ മക്കൾക്ക് പകരം ശമരിയ പട്ടണങ്ങളിൽ പാർപ്പിച്ചു അവർ ശമരിയ കൈവശമാക്കി അതിന്റെ പട്ടണങ്ങളിൽ പാർത്തു അവർ അവിടെ പാർപ്പാൻ തുടങ്ങിയപ്പോൾ യഹോവയെ ഭജിച്ചില്ല അതുകൊണ്ട് യഹോവ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു അവ അവരിൽ ചിലരെ കൊന്നുകളഞ്ഞു അപ്പോൾ അവർ അശൂർ രാജാവിനെ അറിയിച്ചത് നീ കുടി നീക്കി ശമരിയാപട്ടണങ്ങളിൽ പാർപ്പിച്ച ജാതികൾ ആ ദേശത്തിലെ ദൈവത്തിന്റെ മാർഗം അറിയായി അവൻ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു അവർ ദേശത്തിലെ ദൈവത്തിന്റെ മാർഗം അറിയായികയാൽ അവരെ കൊന്നുകളയുന്നു അതിനശൂർ രാജാവ് നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പുരോഹിതന്മാരിൽ ഒരുത്തനെ അവിടേക്ക് കൊണ്ടുപോകുകയും അവർ ചെന്ന് അവിടെ പാർക്കുകയും അവർ ആ ദേശത്തെ ദൈവത്തിന്റെ മാർഗം അവരെ ഉപദേശിക്കുകയും ചെയ്യട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ ശമരിയിൽ നിന്ന് കൊണ്ടുപോയിരുന്ന പുരോഹിതന്മാരിൽ ഒരുത്തൻ വന്ന് വേധലിൽ പാർത്തു യഹോവയെ ഭജിക്കേണ്ടുന്ന വിധം അവർക്ക് ഉപദേശിച്ചു കൊടുത്തു എങ്കിലും അതത് ജാതി താന്താന്റെ ദേവന്മാരെ ഉണ്ടാക്കി ഓരോ ജാതി പാർത്തുവന്ന പട്ടണങ്ങളിൽ ശമരിയർ ഉണ്ടാക്കിയിരുന്ന പൂജാഗിരി ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചു ബാബേൽക്കാർ സൂക്കോത് ബനോത്തിനെ ഉണ്ടാക്കി കൂതക്കാർ നേർഗാലിനെ ഉണ്ടാക്കി ഹമാത്കാർ ഉണ്ടാക്കി ഔവക്കാർ നിബ്ഹസിനെയും തർത്തക്കിനെയും ഉണ്ടാക്കി സെഫവർക്കാർ സെഫർവയ്യീം ദേവന്മാരായ അദ്രമേലേക്കിനും അനമേലേക്കിനും തങ്ങളുടെ മക്കളെ അഗ്നിപ്രവേശനം ചെയ്യിച്ചു അവർ യഹോവയെ ഭജിക്കുകയും തങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ പൂജാഗിരി പുരോഹിതന്മാരെ നിയമിക്കുകയും അവർ അവർക്കുവേണ്ടി പൂജാഗിരി ക്ഷേത്രങ്ങളിൽ യാഗം കഴിക്കുകയും ചെയ്യും അങ്ങനെ അവർ യഹോവയെ ഭജിക്കുകയും തങ്ങൾ വിട്ട് പുറപ്പെട്ടു പോന്ന ജാതികളുടെ മര്യാദപ്രകാരം സ്വന്തം ദേവന്മാരെ സേവിക്കുകയും ചെയ്തു പോന്നു ഇന്നുവരെയും അവർ മുമ്പിലത്തെ മര്യാദപ്രകാരം തന്നെ ചെയ്യുന്നു യഹോവയെ ഭജിക്കുന്നില്ല തങ്ങളുടെ സ്വന്ത ചട്ടങ്ങളെയും മാർഗവിധികളെയുമാകട്ടെ യഹോവ ഇസ്രയേൽ എന്ന് പേർ വിളിച്ച യാക്കോബിന്റെ മക്കളോട് കൽപ്പിച്ച ന്യായ പ്രമാണത്തെയും കൽപ്പനയുമാകട്ടെ അനുസരിച്ച് നടക്കുന്നതുമില്ല യഹോവ അവരോട് ഒരു നിയമം ചെയ്ത് കൽപ്പിച്ചത് എന്തെന്നാൽ നിങ്ങൾ അന്യദൈവങ്ങളെ ഭജിക്കുകയും അവയ്ക്ക് യാഗം കഴിക്കുകയും ചെയ്യാതെ നിങ്ങളെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മിസ്രയും ദേശത്തുനിന്ന് കൊണ്ടുവന്ന യഹോവയെ മാത്രം ഭജിക്കുകയും അവനെ മാത്രം നമസ്കരിക്കുകയും അവനു മാത്രം യാഗം കഴിക്കുകയും വേണം അവൻ നിങ്ങൾക്ക് എഴുതിത്തന്ന ചട്ടങ്ങളെയും ന്യായങ്ങളെയും ന്യായപ്രമാണത്തെയും കൽപ്പനയെയും നിങ്ങളെല്ലാ നാളും പ്രമാണിച്ച് നടക്കണം അന്യ ദൈവങ്ങളെ ഭജിക്കരുത് ഞാൻ നിങ്ങളോട് ചെയ്ത നിയമം നിങ്ങൾ മറക്കരുത് അന്യദൈവങ്ങളെ ഭജിക്കുമരുത് നിങ്ങളുടെ ദൈവമായ ഹോവയെ മാത്രം നിങ്ങൾ ഭജിക്കണം എന്നാൽ അവൻ നിങ്ങളെ നിങ്ങളുടെ സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് വിടിവിക്കും എങ്കിലും അവർ കേൾക്കാതെ തങ്ങളുടെ പണ്ടത്തെ മര്യാദ അനുസരിച്ച് നടന്നു അങ്ങനെ ഈ ജാതികൾ യഹോവയെ ഭജിക്കുകയും തങ്ങളുടെ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തു പിതാക്കന്മാർ ചെയ്തതുപോലെ പുത്രന്മാരും പൌത്രന്മാരും ഇന്നുവരെയും ചെയ്തുവരുന്നു